ശ്രദ്ധ തന്നെ പറയ പരശ്രദ്ധയായിട്ട് തീർന്നു അപ്പൊ അപരശ്രദ്ധയാണോ ശ്രദ്ധയാ പറയാ ഉപേതാഹ ആ ശ്രദ്ധ അലൗകികമായ മണ്ഡലത്തിലേക്ക് തിരിയുമ്പോ ഭഗവത് അഭിമുഖമായിട്ട് ഇയാളെ ലൗകികമല്ലാത്തതായ സ്വപ്നമൊക്കെ കണ്ടു തുടങ്ങും അപ്പോഴാണ് സ്വപ്നം കാണുന്നതും ഭഗവത്പരമായ ദർശനങ്ങൾ ഉണ്ടാവുന്നതും അതൊക്കെ ഇയാളെ പതുക്കെ പതുക്കെ പതുക്കെ ലോകത്ത് നിന്ന് പിടിച്ചു വലിക്കാണ് അപ്പോഴാണ് നമുക്ക് ചിലപ്പോ ഒരു അമ്പലത്തിൽ പോകുമ്പോ ആളുകൾക്ക് എന്തോ ആയി അല്ലെങ്കിൽ മഹാത്മാക്കളെ ആരെങ്കിലുമൊക്കെ കാണുമ്പോ എന്തോ ആയി ഇതൊക്കെ ഈ അലൗകിക ശ്രദ്ധ ഉണരുമ്പോഴാണ് ചെറിയ ആ അലൗകിക ശ്രദ്ധ എപ്പോ വരും പറയാൻ വയ്യ അത് അത് ഈ പറഞ്ഞ പോലെ ഈ എന്ന് പറഞ്ഞ പോലെ വ്യക്തിയുടെ അല്ലാതെ വ്യക്തിയുടെ അത് ഒരു ടെക്നിക്ക് കൊണ്ടും അതുകൊണ്ടാണ് ഈ ടെക്നിക്കും മെത്തേഡും ഒക്കെ പരാജയപ്പെടുന്നത് ഇവിടെയാണ് ഒരു തന്ത്രം കൊണ്ടും സൂത്രപ്പണി കൊണ്ടും ഇതിനെ നേടിയെടുക്കാൻ പറ്റില്ല എന്നാണ് ഒരു വയസ്സ് കുട്ടി ചിദംബരത്തിലെ നടരാജാവിന്റെ മുമ്പിലെ അമ്മയും അച്ഛനും കൂടി കുട്ടിയെ കൊണ്ടുപോയിട്ട് കൊണ്ടുപോയി നമസ്കരിപ്പിച്ചു അമ്മയുടെ ഒക്കത്തിരിക്കുന്ന കുട്ടി നടരാജാവിന്റെ നട തുറന്നപ്പോ ആ നടരാജാവിനെ കണ്ടപ്പോ ഉടനെ ഉറക്കെ ചിരിച്ചു അത്ര അമ്മയുടെ ഒക്കത്തി ചിരിച്ചു ആ കുട്ടി ഇരുപത്തിയെട്ട് വയസ്സിൽ പാടി ഈ അനുഭവത്തിനെ ഒരു വയസ്സിൽ കണ്ടതിനെ ഇരുപത്തെട്ടാമത്തെ വയസ്സിൽ പാടുകയാണ് അന്ന് നീ എന്റെ മുമ്പില് നീ ആടിയപ്പോ തന്നെ ഞാൻ കണ്ടു നിന്നോട് എനിക്ക് ആശ തോന്നി നാട്ടം കൊണ്ടേൻ എന്താ പാട്ട് പാങ്കിമാറി അമ്പലത്തിലാട് കിണ്ടാൻ പാങ്കിമാരെ അവൻ ആട്ടം കണ്ട് നാട്ടം കൊണ്ടേൻ പാങ്കിമാരെ സഖികളോട് പറയുന്നതാണ് അമ്പലത്തിലാടുന്നവനെ ഞാൻ കണ്ടു എന്നാണ് അവനെ കണ്ടതോടുകൂടെ അവനോട് എനിക്ക് ആശ തോന്നി അവനും എനിക്ക് ജാതകം ചേരുവോ പറയൂ എന്നാണ് ചോദിക്കുന്നത് സഖികളോട് ആ മാധുര്യഭാവത്തിൽ ജാതകം ചേരുവോ പറയൂ എന്ന് ഇതൊക്കെ കാവ്യാത്മകമായിട്ട് മധുരഭാവത്തിൽ ചിത്രീകരിക്കുകയാണ് പക്ഷേ ഒരു വയസ്സിലുള്ള കുട്ടിക്ക് ഈ ശ്രദ്ധ അവിടെ ആവേ ആവേശിച്ചു ഒരു വയസ്സിലൊക്കെ വരാമെങ്കിൽ പ്രഹ്ലാദന് ഗർഭത്തിൽ വന്നു എന്ന് പറയണു അല്ലേ ഒരു വയസ്സിലുള്ള കുട്ടിക്ക് ആ രൂപം കണ്ടിട്ടൊരു ഭാവം ഉണ്ടായി ശ്രദ്ധയാ പരയൂപേതാ ആ പരാശ്രദ്ധ ആവേശിക്കുകയാണ് ആവിഷ്ഠാഹ് മൈ ആവേശ്യമനഹ ആ മനസ്സ് എവിടെവിടെയോ ആവേശിക്കുക അന്തരയാമീ ആവേശിക്കുക എല്ലാരിലുമുണ്ട് അന്തരയാമി പക്ഷെ ആവേശിക്കുന്നില്ല യാത്രയുള്ളൂ യഹ് പൃഥിവ്യം തിഷ്ടൃഥ്യന്തരോ എം പൃഥിവീ നേദ യൃത്വീ ശരീരം യഹ് പൃഥിവീ അന്തരോ യമയതി ഏഷത്തെ ആത്മാ അന്തരയാമി അമൃത യു ഭൂത തിഷൻ എ ഭൂത ശരീരം എസ്സേഭ്യോ ഭൂത്തെഭ്യോ അന്തര സർവാണി ഭൂത യസ് സർവാണി ഭൂതോയമയതി എഷ തേ ആത്മാ അന്തരയാമി അമൃത അന്തരയാമി അധിമു പറഞ്ഞ ഉപനിഷത്തിൽ വരുന്ന ബ്രഹചാരണികത്തിൽ വരുന്ന മന്ത്രഭാഗങ്ങള് ഈ അന്തര്യാമിയെ പറയണം ഉള്ളിലിരുന്ന് യത്നം പക്ഷെ അറിയണില്ല എന്നാണ് വിദുഹൂന വിദുഹൂന വിദുഹൂ എപ്പോഴോ കൃപ കൊണ്ട് ശ്രദ്ധ ജനിച്ച് ഈ വിസ്മയകരമായ ഈ ഭാവനാവിശേഷ ശക്തി ആ ഭഗവാനെ ഭാവന ചെയ്ത് തുടങ്ങുമ്പോൾ എങ്ങനെയാ ഭാവന ചെയ്യണമെന്ന് വെച്ചാൽ ആളുകളൊക്കെ പറയണോ വെറും കല്ല് അതിലെന്തിരിക്കണോ അതിൽ പോയിട്ട് എന്ത് ഭക്തി ചെയ്യാനിരിക്കണം വെറുതെ ഹരേ രാമ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും എന്നൊക്കെ ചോദിക്കണോ അവർക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും അറിയില്ല ഇവർക്ക് എങ്ങനെ ഇവരുടെ ആനന്ദത്തിനെ കാണുമ്പോൾ അവർക്ക് മനസ്സിലാവേണ്ട വലിയ രാമായണം ലെക്ചർ ചെയ്ത ആളാണ് സിൽവർ ടെങ് ശ്രീനിവാസ ശാസ്ത്രി അദ്ദേഹത്തിന്റെ വാൽമീകി രാമായണം ലെക്ചർ വളരെ ഫേമസ് ആണ് വാൽമീകീസ് രാമായണ എന്ന് പറഞ്ഞിട്ട് വളരെ പ്രസിദ്ധമായി ഭാരതീയ വിദ്യാഭവൻ പബ്ലിഷ് ചെയ്ത പുസ്തകങ്ങൾ സീരീസാണ് പക്ഷെ അദ്ദേഹത്തിന് രാമഭക്തനൊന്നും ആയിരുന്നില്ല അദ്ദേഹം നല്ല ഇന്റലക്ച്വൽ ആയിരുന്നു വാൽമീകി രാമായണ ശ്ലോകങ്ങളൊക്കെ ഗാന്ധിജി അവസാന കാലത്തെ സിൽവർ ടെൻ ശ്രീനിവാസ ശാസ്ത്രി സൂലാതെ കിടക്കുമ്പോ ഗാന്ധിജിയും എനിക്ക് ഒരു പരിചയമുള്ള ഒരു ഗാന്ധിയൻ ഒരു മഹാത്മാവ് പ്രൊഫസർ കെ സ്വാമിനാഥൻ അദ്ദേഹവും കൂടെ ഗാന്ധിജിയെ അദ്ദേഹം കൂട്ടിക്കൊണ്ട് സിൽവർ ടങ് ശ്രീനിവാസ ശാസ്ത്രിയെ കാണാൻ പോയി പ്രൊഫസർ സ്വാമിനാഥൻ മരിച്ചത് തൊണ്ണൂറ്റി നാലോ തൊണ്ണൂറ്റഞ്ചിലോ മറ്റോ അദ്ദേഹം പറഞ്ഞ കഥയാണ് ഗാന്ധിജിയെ ശ്രീനിവാസശാസ്ത്രിയെ കാണാൻ കൂട്ടിക്കൊണ്ടുപോയി പോയപ്പോ ഗാന്ധിജിയോട് ശ്രീനിവാസ ശാസ്ത്രി ചോദിച്ചെ നിങ്ങൾ രാമ രാമ രാമ രാമ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എനിക്ക് വാൽമീക് രാമായണത്തിൽ എല്ലാ ശ്ലോകവും അറിയാം എല്ലാ ശ്ലോകത്തിനെയും വ്യാഖ്യാനിക്കാൻ പറ്റും പക്ഷെ എനിക്ക് രാമനിലൊന്നും ഒന്നും പ്രത്യേകിച്ചൊന്നും കണ്ടില്ല നിങ്ങൾ രാമനെ എവിടുന്ന് കണ്ടു നിങ്ങൾ രാമനിൽ എന്ത് കണ്ടു എന്ന് ചോദിച്ചു അപ്പൊ ഗാന്ധിജി കൊടുത്ത ഉത്തരം ഗാന്ധി പറഞ്ഞ ശ്രീനിവാസ ശാസ്ത്രി ഐ ഡോ നോ രാമായണം എനിക്ക് രാമായണമോ അതിലത്തെ ശ്ലോകങ്ങളൊന്നും എനിക്ക് കാര്യമായിട്ടൊന്നും അറിയില്ല ആത്മീകയുടെ രാമായണം രാമൻ എന്താണെന്ന് പോലും എനിക്ക് കാര്യമായിട്ട് അറിയില്ല പക്ഷേ ഞാൻ സൗത്ത് ആഫ്രിക്കയിൽ ഇരിക്കുമ്പോൾ അവിടെയൊക്കെ ഈ കൂലിപ്പണിക്കാരായിട്ടോ ഇന്ത്യയിൽ നിന്ന് പോയ ആളുകളൊക്കെ പണിയുമ്പോ നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള രാമായണ കാലത്ത് രാമായണം മാനസരാമായണം പാരായണം ചെയ്തിട്ട് കഥ പറയും കഥ പറയുമ്പോൾ ഈ പഠിപ്പും അറിവുമില്ലാത്ത ആളുകൾക്ക് മുമ്പിലിരുന്നിട്ട് ഇങ്ങനെ കേൾക്കും ഐ സോ രാമ ഇൻ ദർ ഐസ് ഞാൻ അവരുടെ കണ്ണുകളിൽ രാമനെ കണ്ടുവെന്നാണ് അതാണ് ആദ്യത്തെ രാമദർശനം എനിക്കെന്ന് അല്ലാതെ രാമനെ എനിക്ക് ആ രാമായണത്തിലെ രാമൻ എന്താണ് അദ്ദേഹം എങ്ങനെ യുദ്ധം ചെയ്തുവെന്നോ എങ്ങനെ ഗാംഭീര്യമോ ഒന്നും എനിക്കറിയില്ല ആദ്യമായി കുട്ടിക്കാലത്ത് എനിക്ക് എന്റെ വീട്ടിൽ പണിക്കാരി രാമനാമ പറഞ്ഞുവെന്നും എന്നെ നോക്കി ആയാ അപ്പോഴും രാമൻ എന്താണെന്ന് എനിക്കറിയില്ല ആദ്യമായി കണ്ടത് ഇവര് രാമായണം കേൾക്കുമ്പോൾ അവരുടെ കണ്ണുകളിൽ ഞാൻ രാമായ രാമനെ കണ്ടു അന്തര്യാമിയുടെ ബഹിരാ സ്ഫൂർത്തിയാണത് അതായത് രാമൻ എന്നുള്ളത് പരമാത്മാവിന്റെ പ്രതീകമാണെന്നും രാമൻ എന്നുള്ള നാമം കൊണ്ട് കുറിക്കണത് ഭഗവാനാണെന്നും അലൗകികമായ ആനന്ദസ്വരൂപനാണെന്നും ഒക്കെ വിസ്മയകരമായി ശ്രദ്ധാ ശക്തി കൊണ്ട് വിശ്വസിച്ചിട്ട് ആനന്ദം കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ആളുകളെ കണ്ടപ്പോ ഗാന്ധിജി പറയണ അവരുടെ കണ്ണില് ഞാൻ രാമനെ കണ്ടു അതാണ് ശ്രദ്ധ ഇതൊക്കെ ഈ ശാസ്ത്രം അറിഞ്ഞിട്ടില്ലെങ്കിലും ആളുകൾക്ക് ശ്രദ്ധയുണ്ട് അല്ലേ ഗുരുവായൂർ പോകുമ്പോ കണ്ണീര് വരണോ ഭഗവാൻ ഇതിനൊക്കെ ശാസ്ത്രീയമായിട്ടൊന്നും പറയാൻ വയ്യാത്തതുകൊണ്ട് നമ്മൾ എന്തു പറയും ഇതൊക്കെ മൂഢഭക്തിയാണ് അന്ധഭക്തിയാണെന്നൊക്കെ പറയും അന്ധവിശ്വാസമാണെന്നൊക്കെ പറയും പക്ഷേ അന്ധവിശ്വാസം അന്ധമായിക്കോട്ടെ ഈ വരുന്ന ആനന്ദം അന്ധമൊന്നുമല്ലോ വിശ്വാസം എന്തെങ്കിലും മൂഢമായിക്കോട്ടെ ഈ വരുന്ന കണ്ണീരും ആനന്ദവും അന്തര്യാമി എന്നാണ് വരുന്നത് അലൗകികമാണെന്നുള്ള ഒരു ശ്രദ്ധയും ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടല്ലോ ഭഗവാനാണ് അത് മരിച്ചു പോകുന്ന ഒരാളല്ല വ്യാധി വരുന്ന ഒരാളല്ല എന്നെ എപ്പോഴെങ്കിലും വിട്ടുപോകുന്ന ഒരാളല്ല ഇത്രയുണ്ടല്ലോ അത്രയും മതി അത് നമ്മള് ഭാര്യയോ കുട്ടിയോ ഭർത്താവോ ഒക്കെ ആണെങ്കിൽ മരിച്ചു വരും അയാളെ വിശ്വസിക്കാൻ കൊള്ളിയോ വിട്ടുപോകും ഈ ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഗുരുവായൂരപ്പൻ മരിച്ചു പോകണ ഒരാളല്ല വ്യാധി വരണ ഒരാളല്ല എന്തെങ്കിലും വിട്ടുപോകണ ഒരാളല്ല ഇത്രയെങ്കിലുമൊക്കെ ഒരു അറിവ് അവ്യക്തമായിട്ട് വെച്ചുകൊണ്ടാണ് ഗുരുവായൂരപ്പ എന്ന് വിളിക്കുന്നത് അത് മതി അമ്പലത്തിൽ പോകുമ്പോ പലരും ചോദിക്കും എന്തിനാ അമ്പലം അമ്പലത്ത് പോയിട്ട് എന്ത് കിട്ടണോ അമ്പലത്തിൽ അമ്പലം ദേവസ്വംകാർക്ക് വേണ്ടിയോ കമ്മിറ്റിക്കാർക്ക് വേണ്ടിയോ ഗവൺമെന്റിൽ പണമുണ്ടാക്കാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല അമ്പലത്തിലെ ജോലിക്കാർക്ക് വേണ്ടിയുമല്ല മേശാന്തിക്കോ തന്ത്രിക്കോ വേണ്ടിയുമല്ല അവിടെ എവിടെയോ വന്നിട്ട് ഇത്തിരി പടച്ചോറും കഴിച്ചിട്ട് ഭഗവാനെ എന്ന് വിളിച്ചിട്ട് അവിടെ അവിടെ മുക്കിലിരിക്കുന്ന കുറെ ആളുകള് ഇവരെയൊക്കെ കാളും അധികം എണ്ണത്തോടുകൂടെ അവിടെ അവിടെ ഇരിക്കുന്നുണ്ട് അവർക്ക് അവരൊക്കെ മുമ്പിലേക്കേ വരില്ല അവരൊന്നും ആരുടെയും ചർച്ചയിൽ വിഷയമാവില്ല അവരൊന്നും പത്രത്തിന്റെയോ പ്രാസംഗികന്മാരുടെയോ ചർച്ചയ്ക്ക് വിഷയമല്ല അവരുടെ ആരുടെയും ദൃഷ്ടിക്ക് ഇല്ലാതെ അവർക്ക് ഉള്ളിൽ നടക്കുന്ന പ്രോസസ് എന്ത് അനുഭവമാണ് അവർക്ക് ഉണ്ടാവുന്നതെന്ന് പോലും അറിയാതെ വന്നിട്ട് കണ്ണീര് വിട്ടിട്ട് പോയിട്ട് ഇരിക്കുന്നവരുണ്ട് അവർക്ക് വേണ്ടിയാണ് ഗുരുവായൂരപ്പൻ അവർക്ക് വേണ്ടിയാണ് ഭഗവാൻ അവര് നമ്മൾ ഒരിക്കലും നമ്മളുടെ ചർച്ചയ്ക്കൊന്നും വിഷയമല്ല അവര് അവർക്ക് അവരുടെ ശ്രദ്ധ അവരുടെ വിശ്വാസം ഗൂഢമായിക്കോട്ടെ പക്ഷെ അവര് ലോകത്തിലുള്ള ഒന്നിനെയും പിടിച്ചില്ല നമ്മൾ പിടിക്കുന്ന സാധനങ്ങളൊക്കെ പോയിപ്പോകും അവർക്ക് അവര് ഒരു പക്ഷേ ജീവിതത്തില് അറിഞ്ഞിട്ടോ വിവേചനം ചെയ്തിട്ടൊന്നും ആയിരിക്കില്ല പലപ്പോഴും പരാജയപ്പെട്ടിട്ടായിരിക്കും വേറെ ഒന്നും രക്ഷയില്ല ബാക്കി ഒക്കെ വിട്ടുപോയിരിക്കണം ഇനിയിപ്പോ ഒന്നേ ഉള്ളൂ എന്തോ ഒന്നുണ്ട് അതെന്താണെന്ന് എനിക്കറിയില്ല അതാണ് അതാണ് അതിന് പുറകിലുള്ള ലോജിക്ക് ഇനിയിപ്പോ ഒന്നുമില്ല ഇപ്പൊ ഒന്നും പിടിക്കാനില്ല ഡോക്ടറും പിടിക്കാനില്ല മരുന്നും പിടിക്കാനില്ല പണവും പിടിക്കാനില്ല ഭർത്താവുമില്ല ഭാര്യയുമില്ല കുട്ടികളുമില്ല എന്തോ ഉണ്ട് അതെന്താ എനിക്കറിയില്ല അത് എന്നെ പിടിച്ചാലുണ്ട് അതെന്തോന്ന് ഞാൻ വിളിക്കണു അത്രേ ഉള്ളൂ ഗജേന്ദ്രന്റെ വിളിക്കണ പോലെ ഉള്ള സ്ഥിതി ഇങ്ങനെ തികച്ചും ബുദ്ധിനെയും മനസ്സിന്റെയും പിടിവിട്ട് കഴിയുമ്പോഴാണ് ഈ കണ്ണീര് അതുകൊണ്ട് വളരെ പ്രാകൃതമെന്ന് പറയണ പലപ്പോഴും നമ്മൾ വിളിച്ച് കുറച്ചൊത്തിരി ഗീതയോ ഉപനിഷത്തോ വേദാന്തമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പല ആളുകൾക്ക് ഇതൊക്കെ പുച്ഛമാണ് അമ്പലത്തിലെ തൊഴിലൊക്കെ പ്രാകൃതം എന്ന് പറയുമ്പോഴും നമ്മളൊന്ന് ആലോചിക്കണം ഇവിടെ പ്രാകൃതരാരും ഇല്ല എല്ലാവരും ആത്മസ്വരൂപികളാണ് സാധാരണ ആളുകൾ എന്ന് പറയണം നോക്കി പതുക്കെ ശ്രദ്ധിച്ചാൽ കാണും അവൻ അസാധാരണനാണ് സാധാരണനല്ല എപ്പോഴാ ഒരു ഒരു സാധാരണന്റെ ഉള്ളിൽ അസാധാരണത്വം വരിക പറയാൻ പറ്റില്ല അസാധാരണനായി ഞെളിഞ്ഞിരിക്കണവൻ എപ്പ സാധാരണനാവും പറയാൻ പറ്റില്ല ഞാനിയൊന്നുമില്ല അവിടെ ആത്മാവേ ഉള്ളൂ പ്രത്യേകിച്ചൊരു വ്യക്തി ഒരാൾക്ക് ഒരു വിശേഷണവും ഇവിടെയില്ല സകലത്തും ആത്മസ്വരൂപികളാണ് അഗ്നിയുടെ സ്ഫുലിംഗങ്ങൾ അപ്പപ്പം ഇങ്ങനെ പ്രകാശിക്കണ പോലെ എല്ലാവരുടെ ഉള്ളിലും ശ്രദ്ധിച്ചാൽ കാണാം അതാണ് അജ്ഞാനികളെ ഇല്ല ആർക്കുപദേശിക്കും ആരുപദേശിക്കും ആരാരെ വഴി നടത്തും ഭഗവാനെ ആ ഭഗവാൻ ഓരോ വേഷം കെട്ടി ഓരോരുത്തരുടെ ഉള്ളിലും പുറത്തും ഇങ്ങനെ സ്ഫുരിക്കും സ്ഫുരിക്കുമ്പോഴാണ് ഈ ശ്രദ്ധാശക്തി ആദ്യമായിട്ട് മാനിഫെസ്റ്റ് ആവുന്നത് ശ്രദ്ധയാ പറയോ പേതാഹ ആ പരമമായ ശ്രദ്ധ ഒരാളിൽ വന്നിട്ടുണ്ടെങ്കിൽ അവൻ ഏത് വഴിക്കുള്ളവനാവട്ടെ ഭഗവാൻ ഈ ശ്ലോകത്തിന് ഇങ്ങനെ മാത്രം പറഞ്ഞാൽ മതി ശ്രദ്ധയുള്ളവൻ യുക്തതമനാണ് ശ്രേഷ്ഠത അവൻ ഏത് ശ്രദ്ധ വന്നാലും അവൻ ശ്രേഷ്ഠത ശ്രദ്ധയാ തേമേ യുക്തമാമതാഹ അവര് ശ്രേഷ്ഠന്മാരാണ് ഇനി തുടർന്ന് നാണക്കണം നാളെ രാവിലെ ഏഴ് മുതൽ എട്ട് വരെ രാവിലത്തെ പ്രഭാഷ പിന്നെ യശാന്താദിമദ്യം നികി കരചരണം നാമഗോത്രം നൂത്രം നോ ജാതിർ നൈപവർണാന ഭവതി പുരുഷോ നാനപുംസം നീ ജനിമരണസ്തി പുണ്യം നാപം തോ തും സഹജ സമരസം സദ്ഗുരു തം നമാ സദാശിവസമാര ശങ്കചാര്യമധ്യമാ അസ്മദാചാര്യപര്യ വേ ഗുരുപരംപരാ मौनव्याख्या प्रकटित्रह्मतत्व युवानम वर्षिष्ठाते सदृशिगणरावृत ब्रह्मनिष्ठ आचार्य्ररकित चिन्मुद्रनंदमूर्तिवात्म मुदितनम स्वात्मारामं मुदिदवदनं वेद विभासाएत शांताय सन्यासीने नाना संग पवये दिवाकराय भगवत नगेन््रसंगव योगींद्रवंद्या मोहध्वाकर भगवत्ता तस््य नमोस्ु सतूर्य बोधात् अपारसचित्सुख्यशे योवनम समस्त गुहां तम रमण ग ചിന്വിഹീനം ഹൃതി ചിന്തയാഹം മൃണ്മയവ്ജടാത്മകമഹം ബുദ്ധിർന്നാഹം തത്തദാവസുക്തിസമയേ സിദ്ധാത്മസദ്ഭാവത്തോഹം ഭാവയു കു വരധിയ ദൃഷ്ടമനിാത്മന സോഹം സ്ഫൂർത്തിതയാ അരുണാചലശിവർണോ വിഭാതി സ്വയം विश्वरूप करुपूर्णसुधे कबलिघन विश्व किरणाव्या अरुणाचलपरमाणो चितुविणाचल भूवा स्थित प्रलीन में चिंत्र हृद्यहमत्मतया नृत्यशि वदिदय नाम അഹമിത് കൂത ആയാതീന്ഷ്യാത്യലധിയവഗമ്യ സ്വം ൂപമ്യരുണാചലി നൈവാബ്ധൗ തഷയ ബാഹ്യം രുദ്ധപ്രാണേന രുദ്ധമനസന്ത പശ്യത്തിയോദീധിതി അരുണാചലി മഹീയം തേ ർപ്പനസ ം പശ്യൻ सर्वं भजते യാതും ഭജനീ സജയത്യണാചലത്യി സുഖേ മഗ്ന ശോണപ്രഭം സോമകലാവതംസം പാണിസ്ഫുരത് പഞ്ചശലേക്ഷുചാണപിയം നൌമുന കൂണത്രയസ് കൂലദൈവതം നഹി യാമിനീനേഖാലുന്തള ഭസർവാപണസുധാനദീ ചൂടോത്തം സ്ഥിചന്ദ്രചാരുകലി ചഞ്ഞ്ചത് ഭസ്വരോ ലീലാദഗ്ധവിലോലകഫുരൻ അന്തസ്ഫൂർജതപാരമോഹതിര പ്രാഗ്ഭാരമയൻ ചേട്ട സദ്ഗിതേ ജാനപ്രദീപോഹരഹം ാരദോജപതാസ്മാക്കി സിധി കിയാത് രാക്കാചന്ദ്രസമാനക്കാതിവദിരാജസ്തു മൂക്കാനമപത്തി സുരധുനീനീ കാശവൈഭവം ശ്രീകാഞ്ചീനഗരീ വിഹാരരസി ശോകാഹന്ത്രീ സ एका राजते പുണ്യപരംപരാ പശുപത്തെ ആകാരിണീ രാജത്തെ യോന്ത് പ്രവിശ്യമമ വാചയിമാസുപാ സജീവയൽ ശക്തിധരസ്വഹസ്തരണ്രവണത്ഗാദീൻ പ്രാണന്നോ ഭഗവത്തെ പുരുഷാതുഭ്യ ഓ പാർ പ്രതിബോധിത ഭഗവത സ്വയം വ്യാസന ഗ്രഥിതം പുരാണമുനി മധ്യേ मध्ये महाभारतं അമ്പ റും അനുസന്ദമെ भगवत कीते नमोस्तुते व्यास विशाल एनत्वया ഭഗവത്ഗീതീ നമോസ്തു തേവ്യസവിശാലുദ്ധേ ഫുല്ലേത്രയാ ഭാരതൈലപൂർണ പ്രജ്വാലി ജാനമയ പ്രദീപ പ്രപന്നിജാതോത്രൈകാണയേ ജാനമുദ്രാ കൃഷ്ണ दुहे गीतामृतदुे नम सर्वोपनिषदो गाव दुग्धा गोपाल पाथो वत्सुर्भोक्ता दुग्ध गीतामृतम महति कंस देवकी देवी कृष्णं वंदे जगदु മൂക്കാളം പങ്കും ലംഘയത്തെ ഗിരികൃതമഹം വന്ദേ പരമാനന്ദമാധവം യം ബ്രഹ്മാവരുണേന്ദ്രദ്രമരുത സ്തുവ്യൈ സ്തൈ വേദസാംഗപദക്രമോപനിഷേ ഗായ ദ് മനസാ പശ്യം യോഗിനോ എന്തുസുരാസുരഗണാസ്മൈ പാർസാരഥി ശ്രാവയ ശുഭം ഗിരം പാർയാർത്തിഹരോ ദഹമൂർത്തിഹം ഹരി ഓ सततयुक्ता ये भक्तासतेचाप्यक्षर अव्यक्त योग वि अर्जुन भगवान चोद व्यक्त का प्रपंच ते भगवा ते रूप कपासो योग विम अक्षर व्यक्त का अदसमय अपरो स्वानुभवेद आत्मा स्वरूप ध्यानो योग वित्म ഭഗവാൻ പറഞ്ഞു മയ്യാവേശ്യമനോയേമാം നിത്യയുക്താ ഉപാസത്തെ ശ്രദ്ധയാ പരയോപേതാ തേമേ യുക്തമാമത ഈ ശ്ലോകം സാധാരണ വ്യാഖ്യാനിച്ചിരിക്കണത് നിർഗുണത്തിനെക്കുറിച്ചും സഗുണത്തിനെക്കുറിച്ചുമുള്ള ചർച്ചയായിട്ടാണ് പക്ഷെ ഗീതാ സന്ദർഭം നോക്കുമ്പോ വ്യക്തമായിട്ട് ഭഗവാനും അർജുനനും ഒന്നും അങ്ങനെ പറഞ്ഞില്ല വിശ്വരൂപ ദർശനം കഴിഞ്ഞതും ഈ ചോദ്യമുണ്ടായി ഭഗവാന്റെ ഉത്തരത്തിൽ ഭഗവാൻ പറഞ്ഞിട്ട് എന്നിൽ ഏത് വഴിയാണെങ്കിലും ശരി എന്നിൽ ചിത്തം ആവേശിക്കണം മൈ ആവേശ്യ മനോയേമാം നിത്യയുക്ത ആ ഉപാസത്തെ നിത്യനിരന്തര സ്മരണ ഉള്ളവരായിരിക്കണം അതെങ്ങനെ സാധിക്കും ശ്രദ്ധയാ പറയാ ഉപേത്താഹ പരമമായ ശ്രദ്ധയോടുകൂടെ ആ പരമമായ ശ്രദ്ധ ഏതു മാർഗത്തിലാണോ ഒരാൾക്ക് ഉണ്ടാവുന്നത് ആ മാർഗം തന്നെ അയാൾക്ക് ശ്രേഷ്ഠം ശ്രദ്ധയാ പറയോപേത്താഹ തേമേ യുക്തമാമതഹ അവരാണ് എന്നോട് ഏറ്റവും അധികം യോജിച്ചിരിക്കുന്നവർ ഭഗവത് അനുഭവം ഉണ്ടായിട്ടുള്ളവർ യുക്തതമാഹ योगी इन इत्र इन नाम विस्तार कू ए मई आवेश्यम मयि विश्वरूपे परमेश्वरे सधाय मन ये भक्ता सामगेश्वराण अधीश्वर उपासधया <coughs> പ്രകൃഷ്ടയാ ഉപേതാ തേമേ യുക്തമാ നൈരന്തര്യേണ ഹിതേ മച്ചിത്തതയാ അഹോരാത്രം അതിവാഹയ രാവും പകലും നിരന്തരം ഭഗവത്സ്മരണത്തിൽ തന്നെ ഇരിക്കുന്നവരാണവര് അങ്ങനെയുള്ളവര് ശ്രേഷ്ഠരാണ് യോഗികളാണ് എന്ന് പറഞ്ഞു അടുത്ത ശ്ലോകം അർജുനൻ ചോദിച്ച് രണ്ടാമത്തെ കാര്യത്തിനുള്ള ഉത്തരമാണ് ഏ ചാപ്പി അക്ഷരം അവ്യക്തം എന്നൊരു ചോദ്യം ചോദിച്ചു പറഞ്ഞു അക്ഷരം എന്നുവെച്ചാൽ നമുക്കറിയണ അക്ഷരം എഴുതുന്ന അക്ഷരമാണ് ലെറ്റർ പക്ഷേ എഴുതി എഴുത്തിന് അക്ഷരം എന്ന് പേര് വരാൻ കാരണം എഴുത്തറിഞ്ഞിട്ട് നശിക്കാത്തതായ സത്യത്തിനെ അറിയണം അതിന് സാധിക്കുമെങ്കിൽ ഈ അക്ഷരം കൊണ്ട് പ്രയോജനമുണ്ട് ഈ അക്ഷരം സ്കൂളിൽ പഠിക്കുന്നതൊക്കെ തന്നെ ആത്മജ്ഞാനത്തിന് സഹായിക്കുമെങ്കിൽ ആ വിദ്യാഭ്യാസം നമ്മൾക്ക് അനുകൂലമെന്ന് പറയാം ഇല്ലെങ്കിൽ നിരക്ഷരോപിച്ച ബ്രഹ്മൈവ ആഭാതി സവൈ സാക്ഷര സർവാക്ഷരോപിച്ച യസ്യുക്ഷൗ ബ്രഹ്മൈവനാഭാതി സവൈ നിരക്ഷര നിരക്ഷരക്കുക്ഷി എന്ന് പറയില്ലേ നമ്മള് നിരക്ഷരക്കുക്ഷിയാണെങ്കിലും നിരക്ഷരോപിച്ച യസ്യ കുക്ഷവും ഒരു പഠിപ്പും അറിവുമില്ലാത്തവനാണെങ്കിലും ർക്ക് ആത്മജ്ഞാനുണ്ടോ ഭഗവത് അനുഭവമുണ്ടോ രാമകൃഷ്ണ പരമവംസർക്ക് അദ്ദേഹത്തിന്റെ പേര് പോലും ശരിക്കും എഴുതാൻ അറിഞ്ഞുകൂടാ എങ്കിലും ഭഗവത് അനുഭവമുണ്ടെങ്കിൽ അദ്ദേഹമാണ് സാക്ഷര എല്ലാം എഴുത്തും വായനയും പടുപ്പും അറിയുന്ന ആളാണെങ്കിലും ആർക്കാണോ ഹൃദയത്തിൽ അറിയേണ്ടത് അറിയാത്തത് ആ പടുപ്പ് കൊണ്ട് നിരക്ഷത രമണ മഹർഷിയുടെ അടുത്ത് ഒരു ഭക്തൻ ഒരു നോട്ട് ബുക്ക് പുതിയതായിട്ട് ഒരു നോട്ട് ബുക്ക് കൊണ്ടു കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഭഗവാൻ ഇതിൽ എന്തെങ്കിലും എഴുതിത്തരണം മഹർഷി പറഞ്ഞു ഞാൻ എന്ത് എഴുതാന എന്തെങ്കിലും ഒരു ശ്ലോകമെങ്കിലും എഴുതിത്തരണം അപ്പൊ ഭഗവാൻ ചോദിച്ചു എന്താ എഴുതാറുള്ളത് ഒരു അക്ഷരമെങ്കിലും എഴുതി തരണം അപ്പൊ മഹർഷി അതിലൊരു മുക്തകം എഴുതി പൂർണ്ണശ്ലോകമല്ല അതിനാണ് മുക്തകം എന്ന് പറയാം ഏകമക്ഷരം ഹൃദിനരന്തരം ഭാസത്തെ സ്വയം ലിഖ്യത കഥം നാശമില്ലാത്തതായ ഒരു വസ്തു ഏകം അക്ഷരം അക്ഷരം എന്ന് വെച്ചാൽ നാശമില്ലാത്തതെന്ന് അർത്ഥം ക്ഷരം എന്ന് വെച്ചാൽ നാശം അക്ഷരം എന്ന് വെച്ചാൽ നാശമില്ലാത്തത് ഹൃദി നിരന്തരം ഭാസത്തെ ഹൃദയത്തില് അവിഛിന്നമായിട്ട് പ്രകാശിക്കണു ലഥം എങ്ങനെ എഴുതും എന്ന് അതിനെ എഴുതി അറിയിക്കാൻ പറ്റുമോ അങ്ങനെ ഒരു ശ്ലോകമായിരുന്നു അപ്പൊ അക്ഷരം എന്ന് വെച്ചാൽ ആത്മാവെന്നർത്ഥം നമ്മളുടെ സ്വരൂപമെന്നർത്ഥം ആ അക്ഷരത്തിനെ അവ്യക്തം എന്ന് വിശേഷിപ്പിച്ചു അർജുനൻ വ്യക്തം എന്ന് വെച്ചാൽ കാണപ്പെടുന്നത് എന്നർത്ഥം കാണുക കേൾക്കുക മണക്കുക രുചിക്കുക സ്പർശിക്കുക ഈ അഞ്ച് ഇന്ദ്രിയങ്ങൾക്കും ആത്മാവ് വേദ്യമല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് പറയണു അത് അവ്യക്തിത്വം എന്ന് പറയണു കാണാൻ വയ്യ കേൾക്കാൻ വയ്യ മണക്കാൻ വയ്യ രുചിക്കാൻ വയ്യ സ്പർശിക്കാൻ വയ്യ ഭഗവാനെ കാണാനില്ലല്ലോ അതുകൊണ്ട് ഭഗവാനില്ല എന്നുള്ളതാണ് ലൗകികമായ യുക്തി കാണാനില്ലാത്തതുകൊണ്ട് ഭഗവാനില്ല വേദാന്തത്തിന്റെ യുക്തി എന്താന്ന് വെച്ചാൽ ഏതുണ്ടോ അത് കാണപ്പെടില്ല ഏത് കാണപ്പെടുന്നോ അതിന് ഇരുപ്പില്ലത് അനുഭവവൈദ്യമാണ് അറിയപ്പെടുന്നതല്ല അറിയപ്പെടുന്നത് ഒരിക്കലും അനുഭവവൈദ്യമാവില്ല അനുഭവം എന്നുള്ളത് ആത്മാവിന്റെ സ്വരൂപമാണ് ചൈതന്യത്തിന്റെ സ്വരൂപമാണ് എഴുതരുത് എനിക്ക് ശ്രദ്ധ തെറ്റിപ്പോകും ക്ലാസ് പോലെ തോന്നും പിന്നെ എനിക്ക് സത്സംഗത്തിന്റെ അതൊരു ഒരു ഒരു കൗശലമാണ് ശ്രവിക്കുക എന്ന് പറയുന്നത് ആ ശ്രവണം നമുക്ക് വിട്ടുപോകും എഴുതിയാൽ നമ്മൾ ഓർമ്മ നിൽക്കണം എന്ന് പറഞ്ഞിട്ടാണ് എഴുതണത് ഓർമ്മയൊന്നും കാര്യമില്ല എന്തൊക്കെ കാര്യം ഓർമ്മ വെച്ചിരിക്കും എന്തെങ്കിലും പ്രയോജനപ്പെടുന്നുണ്ടോ നമുക്ക് ശ്രവിക്കാൻ പഠിക്കണം സത്സംഗത്തിന് മാത്രല്ല കാറ്റ് വീശുന്നതിന് ശ്രവിക്കാൻ പഠിക്കണം ക്രമേണ ക്രമേണ നിശ്ചലതയെ ശ്രവിക്കാൻ പഠിക്കണം മനുഷ്യന്റെ മനസ്സ് ശാന്തമാവും തോറും നമ്മൾ ശ്രവിക്കാൻ പഠിക്കും കേൾക്കാൻ പഠിക്കും ഓരോ ശബ്ദത്തിന് ചിത്തവൃത്തികളെയൊക്കെ ശ്രവിക്കാൻ പഠിക്കണം ഉള്ളിലുണ്ടാവുന്ന ചിത്തവൃത്തികളെയൊക്കെ കേൾക്കാൻ പഠിക്കണം ചിത്തവൃത്തികളും ശബ്ദം ഉണ്ടാക്കേണ്ട നമ്മൾ കേൾക്കും തോറും ചിത്തവൃത്തികളെ കേൾക്കും അഹമഹം എന്നുള്ള സ്ഫൂർത്തിയെ കേൾക്കും നിശ്ചലതയെ പോലും കേൾക്കും ഈ കേൾക്കുക എന്നുള്ളത് അത്യത്ഭുതമായ ഒരു ധ്യാനമാണ് ആദ്യമൊക്കെ നമുക്ക് പറ്റില്ല കാരണം എന്താ മനസ്സിൽ വൃത്തികൾ വരും കേൾക്കാൻ ശ്രമിക്കുമ്പോ പുറകെ കൂടെ പല ചിത്തവൃത്തികൾ വരും അതൊക്കെ വന്നിട്ട് പോട്ടെ എന്നാലും ഇരിക്കുക പതുക്കെ ശ്രദ്ധ ഈ ശ്രവണത്തിൽ കോൺസെൻട്രേഷൻ അല്ല ഉദ്ദേശിക്കണത് ഞാൻ പതുക്കെ അത് അതൊരു ഒരു വിധത്തിലെ ഒരു കൗശലത്തോടുകൂടെ കേൾക്കാൻ പഠിക്കണം കേൾക്കും തോറും ശരിക്കും കേട്ടാൽ നമ്മൾ ശൈൽ നിശ്ചലമാവും ശാന്തമാവും നിശ്ചലതത്വേ ജീവൻ മുക്തി സത്സംഗത്തിന്റെ പരിണത ഫലമാണത് അപ്പോ ഏതു അക്ഷരം അനിർദ്ദേശ്യം അർജുനൻ അക്ഷരത്തിനെക്കുറിച്ച് അവ്യക്തം എന്ന് പറഞ്ഞു വ്യക്തമല്ലാത്തതാണ് ഈ അക്ഷരം ആത്മാ എന്ന് പറയണത് എവിടെയാ പല ആളുകളും ചോദിക്കുക ആത്മാ എന്ന് പറഞ്ഞൊരു വിളക്ക് പോലെ കാണുമോ എന്താണെന്ന് വെച്ചാൽ വല്ല സിനിമയിലൊക്കെ ആവുമ്പോൾ അവരെന്താ കാണിക്കുക ഒരു വിളക്ക് ഇങ്ങനെ പുറപ്പെട്ടു പോകണ പോലെയൊക്കെ കാണിക്കും അപ്പൊ എന്ത് വിളക്ക് പോലെ വലതും ഉണ്ടാവോ ജ്യോതി പോലെ വലതുമൊക്കെ ഉണ്ടാവുമോ എന്നൊക്കെയാണ് ആളുകൾക്ക് ഭാവന നമ്മൾ ആരംഭത്തിൽ അങ്ങനെയൊക്കെ ചിലപ്പോ കരുതുകയും ചെയ്യും അപ്പോ വ്യക്തമായി ഒന്നും കാണാനില്ല അതെവിടെയാളുള്ളത് എങ്ങനെ കണ്ടെത്തും അപ്പൊ അതുകൊണ്ട് അതിനെ അവ്യക്തം എന്ന് പറയണു നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രപഞ്ചം വ്യക്തം ശരീരം വ്യക്തം ഒത്തിരി കണ്ണടച്ചാൽ ചിത്തവൃത്തികൾ വ്യക്തം ബുദ്ധി ഇതൊക്കെ അറിയപ്പെടുന്നു അറിയുന്നവൻ അറിയപ്പെടുന്നില്ല എല്ലാത്തിനെയും അറിയുന്നവൻ വിജ്ഞാതാരമരേ കേനവിജാനീയാ എല്ലാത്തിനെയും അറിയുന്നവനെ എങ്ങനെ അറിയും വിജ്ഞാതാരമരേ കേനവിജാനീയാ അരേ മൈത്രി ഈ വിജ്ഞാതാവിനെ എങ്ങനെ അറിയും എന്നാണ് എല്ലാത്തിനെയും അറിയുന്നവനാരർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിനു കണ്ണു മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കുമളവാനന്ദമെന്തു ഹരിനാരായണായ നമ എല്ലാത്തിനെയും കാണുകയും അറിയുകയും ചെയ്യുന്ന ജ്ഞപ്തി आज तबोधम अक्षरमें आक्षर आत्माव व्यक्त में का प्रपंचम का अुक्तिवादे चारवाग दर्शन एा का पागे एंण का प्रपंचो अखमि ചാർവാകൻ എന്ന് വെച്ചാൽ ചാരുവാചം വാചയത്തി കേൾക്കാൻ വളരെ ഇൻപമുള്ള വാക്കുകൾ പറയുന്നവൻ എന്നാണ് അർത്ഥം നാസ്തികനെ ചാർവാകൻ എന്ന് പറഞ്ഞു പക്ഷെ വാസ്തവത്തിൽ ചാർവാകൻ അധ്യാത്മത്തിന്റെ ആദ്യപടിയാണ് നമ്മൾ ഇന്ന് ചാർവാകനെക്കാളും ചുവട്ടൽ വീണു പോയിരിക്കുന്നു ചാരുവാകൻ എന്താ പറയണതെന്ന് വെച്ചാൽ ഇത്തിരി വർഷമേ ജീവിക്കാൻ പോളൂ ഉള്ള കാലത്ത് ഉറങ്ങണം കടം വാങ്ങിയിട്ടെങ്കിലും നെയ് കൂട്ടി ഊട് കഴിക്കണോ അത്രേ ഋണം കൃത്വ ഘൃതം പിവേത് യാവജ്ജീവം സുഖം ജീവേത് ഇന്ന് സമയമില്ല ഓടുകയാണ് നട്ടോട്ടം വട്ടോട്ടം ഓടുകയാണ് എന്തിനാ ഓടണതെന്ന് അറിയുന്നില്ല ചാറുവാകനേക്കാളും ചുവട്ടിൽ പോയി ചാരുവാകം പറഞ്ഞു ഉണ്ണെങ്കിലും വേണം ഉറങ്ങുമെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ അവരും സമയമില്ല നമുക്ക് അഭിമാനത്തിന് തീറ്റ കൊടുക്കാൻ വേണ്ടി ലോകം മുഴുവൻ ഓടി നടക്കുകയാണ് അപ്പൊ കാണപ്പെടുന്നു പ്രപഞ്ചം അത് വ്യക്തം അതിനെ ഭഗവത് സ്വരൂപമായിട്ട് പരബ്രഹ്മസ്വരൂപമായിട്ട് ഉപാസിക്കൂ എന്ന് പറഞ്ഞു ആത്മാവ് അവ്യക്തമായിട്ടിരിക്കുന്നു അത് കാണപ്പെടുന്നില്ല അത് ഇന്നതെന്ന് പറയാൻ വയ്യ അതിനെക്കുറിച്ചാണ് അർജുനൻ ചോദിച്ചത് ഏചാപി അക്ഷരം അവ്യക്തം ആരാണോ എന്തോ ഇതിനെ അവരറിഞ്ഞു തോന്നണം എന്താന്നൊന്നും പിടിയില്ല ഏചാപി അക്ഷരം അവ്യക്തം ആരാണോ ഈ അഴിവില്ലാത്തതും അവ്യക്തമായിട്ടുള്ളതുമായ ആത്മാവിനെ ഉപാസിക്കുന്നത് അവരാണോ അപ്പൊ അവരെക്കുറിച്ച് പറയണമല്ലോ ഇനി ഭഗവാൻ ആദ്യം പറഞ്ഞു വയ്യാവേശ്യ മനോയേമാം നിത്യയുക്ത ഉപാസത്തെ ഈ വിശ്വരൂപനായ എന്നെ തന്നെ ഭഗവത് സ്വരൂപം ഇത് മുഴുവൻ ഭഗവത് സ്വരൂപമാണെന്ന് കരുതിക്കൊണ്ട് ഈ ഉപാസനയിൽ തന്നെ ഭഗവാനെ രൂപത്തിൽ ആരാധിക്കുന്നതും അടങ്ങി ഒരു പ്രത്യേക രൂപത്തിൽ കൃഷ്ണനായിട്ടോ ഗുരുവായൂരപ്പനായിട്ടോ ഒക്കെ ആരാധിക്കുന്നതും ഈ ഉപാസനയിൽ തന്നെ അടങ്ങി അങ്ങനെ ആരാധിക്കുന്നവരെ ആദ്യം തന്നെ ഭഗവാൻ പറഞ്ഞു മയ്യാവേശ്യ മനോയമാം നിത്യയുക്ത ആ ഉപാസത്തെ ശ്രദ്ധയാ പറയോപേതാ ഹാ തേവി അവർ അവിടെ ശ്രദ്ധയാണ് മുഖ്യം അവിടെ ശ്രദ്ധയാണ് മുഖ്യം ഇവന്റെ വിശ്വാസം ശ്രദ്ധ ഭക്തി ഇന്നലെ इन अ्लोक नोकूत्मेश अव्यं पर्युपातेमचि कूटस्थमचल ध्रुव अदेश्यम अक्षर अव्यक्तवादब्दगोचर न निर्देशुम शक्यम के प्रमाण न व्यच्यते अव्यक्त उपासनम यथाशास्त्र अर्थ से विषयकरण तो अक्षर अदेश्य आत्मा विड़े अक्षरमु निर्देश എങ്ങനെയുണ്ടാവും അത് ചുവന്നതാണോ വെളുത്തതാണോ കറുത്തതാണോ ഒക്കെ ന ശുക്ലം നൃഷ്ണം ന രക്തം നീതം നം നീനം ന്രസ്വം ന ദീർഘം നൂപം തഥാ ജ്യോതിരാകാരകത്വാത് തദേകോവശിഷ്ട ശിവ കേവലോഹം അത് വെളുത്തതല്ല കറുത്തതല്ല ചുവന്നതല്ല മഞ്ഞയല്ല എന്നാ വല്ല ജ്യോതിയാണോ എന്ന ജ്യോതി എന്താണെന്ന് വെച്ചാൽ അതിനൊരു രൂപം ഉണ്ടല്ലോ അതുമല്ല ഇതൊക്കെ അല്ല അല്ല എന്ന് തള്ളിക്കളഞ്ഞ അതുകൊണ്ടായിരിക്കും അല്ല അല്ല എന്ന് പറയണത് ഒക്കെ തള്ളിക്കളഞ്ഞാൽ ഏത് അവശേഷിക്കുമോ അതാണ് ശിവം അതാണ് സർവമംഗളത്തിനും നിദാനമായിട്ടുള്ള അധിഷ്ഠാനമായിട്ടുള്ള സർവത്തോഭദ്രമായിട്ടുള്ള പൂർണ്ണത അക്ഷരത്തിനെ ഇന്നതെന്ന് നിർദ്ദേശിക്കാൻ കഴിയാത്തത് തന്നെയാണ് അതിന്റെ വിഷമം ദിവ്യോഹി അമൂർത്ത പുരുഷ സബാഹ്യാഭ്യന്തരോ ഹി അജ അപ്രാണോ ഹി അമനാ ശുഭ്രഹി അക്ഷരാത് പരത ശ്രുതി തന്നെ പറഞ്ഞു അമൂർത്തനാണ് ആ പുരുഷൻ ഇന്നതെന്ന് പറയാൻ വയ്യ മനസ്സോ പ്രാണനോ ഒന്നും തന്നെയല്ല ഇങ്ങനെയൊക്കെ പറയുമ്പോ ആദ്യം തന്നെ നമുക്ക് എന്താ വിഷമം നമ്മളെല്ലാത്തിനെയും മനസ്സുകൊണ്ട് പിടിക്കണം ശ്രമിക്കുകയാണ് ഇതിനെയും മനസ്സുകൊണ്ട് അറിയാൻ ശ്രമിക്കുമ്പോ ഒന്നും പിടികിട്ടുന്നില്ല നാരായണത്ത് പ്രാന്തം പറഞ്ഞ പോലെ മനസ്സിലായില്ലേ ആ മനസ്സിലായില്ലേ ആ മനസ്സിലായില്ലേ ആ മനസ്സിലായില്ല എന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹത്തിന്റെ ഏട്ടൻ അദ്ദേഹം വേദാന്തം പഠി ഭാഷ്യം ഒക്കെ പഠിക്കുകയാണ് അപ്പൊ അഗ്നിഹോത്രി ചോദിച്ചു എന്താ നാരായണത്തെ ഇങ്ങനെ നിലവിളിക്കണം അല്ലെ മനസ്സിലായില്ല മനസ്സിലായില്ല വന്ന എന്തൊക്കെയോ പറയണോ ഒന്നും മനസ്സിലായില്ല കുറെ കഴിഞ്ഞപ്പോ മനസ്സിലായി മനസ്സിലായി മനസ്സിലായി ഇപ്പൊ മനസ്സിലായി നാരായണത്തിനാണോ അല്ല മനസ്സിലാവില്ല എന്ന് മനസ്സിലായി തോന്നുന്നു മനസ്സുകൊണ്ട് പിടിക്കാനുള്ളതല്ലാതെ അതല്ലാതെ അതിനെ കളിയാക്കിയതല്ല എന്നുവെച്ചാൽ മനസ്സുകൊണ്ട് നാമമും രൂപമും ഉള്ള വിഷയങ്ങളെയേ പിടിക്കാൻ പറ്റുള്ളൂ മനസ്സിന് പ്രാപഞ്ചിക വസ്തുക്കളെയേ പിടിക്കാൻ പറ്റുള്ളൂ സുഷുപ്തിയെ മനസ്സിന് പിടിക്കാൻ പറ്റുമോ ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾക്ക് ഉള്ള അനുഭവം ഏറ്റവും സുഖകരമായ അനുഭവം സുഖമായ ആ ഉറങ്ങുന്ന അനുഭവത്തിനെ പോലും മനസ്സ് അത് ഇന്ന് രാത്രി ഞാൻ സുഷുപ്തിയെ കണ്ടിട്ടേ കാര്യമുള്ളൂ എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ അവിടെ എത്തിയാൽ മനസ്സില്ല സുഷുപ്തിയിലെത്തുമ്പോ മനസ്സ് ലയമാവും അപ്പോ മനസ്സിന് അറിയാൻ പറ്റാത്തത് അപ്പൊ മനസ്സിന് അറിയാൻ പറ്റത്തില്ലെങ്കിൽ ഉണ്മയല്ല മനസ്സിന് ഉണ്മയെ അറിയാൻ സാധിക്കുകയില്ല മനസ്സുകൊണ്ട് എന്തൊക്കെ അറിയപ്പെടുന്നു അത് ഉണ്മയുമാവില്ല ഇതിന് കാലത്തിനെ വെച്ചുകൊണ്ട് ഞാൻ പറയാം ടൈം വളരെ ശ്രദ്ധിച്ചു കേൾക്കണം കാലം കാലം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭൂതകാലം വർത്തമാനകാലം ഭാവി കാലം ഇതാണ് നമ്മൾ വ്യാകരണത്തിൽ പഠിക്കുന്നത് ഭൂതകാലം വർത്തമാനകാലം ഭാവി കാലം പാസ്റ്റ് ടെൻസ് പ്രസന്റ് ടെൻസ് ഫ്യൂച്ചർ ടെൻസ് ഇത് വ്യാകരണത്തിലുണ്ട് നമ്മളുടെ അനുഭവത്തിൽ നോക്കിയാൽ മനസ്സ് ഭൂതകാലത്തിനെ ചിന്തിക്കും ഭാവി ഭാവന ചെയ്യും വർത്തമാനകാലത്തിനെ മനസ്സുകൊണ്ടൊന്നു തൊടും മനസ്സിന് പറ്റില്ല വർത്തമാനം എന്ന് പറയണത് ഇപ്പോ എന്നുള്ളതാണ് വർത്തമാനം ഇപ്പോ എന്നുള്ള ആ സമയത്തിന് മനസ്സ് അത് ഭൂതകാലമാവും മനസ്സിലാവുണ്ടോ മനസ്സിലാവില്ല ഇപ്പോ എന്നുള്ള കാലം ഈ മൊമെന്റ് ഈ ക്ഷണം നൗ എന്നുള്ളത് മനസ് കൊണ്ടുവന്ന് തൊടുമ്പോഴേക്കും ഭൂതകാലായി അപ്പൊ മനസ്സ് തൊട്ടാൽ ഭൂതകാലം മനസ്സിന് അറിയപ്പെടുന്നതൊക്കെ കഴിഞ്ഞു പോയതാണ് വരാൻ പോണതിനെ മനസ്സ് ഭാവന ചെയ്യും വർത്തമാന കാലത്തിനെ മനസ്സിന് ഒരിക്കലും തൊടാൻ പറ്റില്ല വർത്തമാനകാലത്തിനെ പ്രസന്റ് മൊമെന്റിനെ മനസ്സിനൊരിക്കലും തൊടാൻ പറ്റില്ല അപ്പൊ നമ്മൾ വിജയ യുക്തി അനുസരിച്ച് മനസ്സുകൊണ്ട് അറിയപ്പെടുന്നതാണ് ഉണ്മ എന്ന് പറയണമെങ്കിൽ വർത്തമാനകാലം ഭൂതകാലവും ഭാവി ഉള്ളൂ എന്ന് പറയേണ്ടി വരും ഇല്ല വാസ്തവത്തിൽ ഭൂതകാലം ഭാവി കാലം കാലമില്ല കഴിഞ്ഞുപോയ വർത്തമാനകാലാണ് ഭൂതകാലം വരാൻ പോണ വർത്തമാനകാലാണ് ഭാവി കാലം അനുഭവം എന്നുള്ളത് ഒരിക്കലും ഭൂതകാലത്തിലോ ഭാവി ഉണ്ടാവില്ല അനുഭവം എപ്പോഴും വർത്തമാനത്തിലാണ് പക്ഷെ അനുഭവിക്കുമ്പോ മനസ്സിന് പ്രവൃത്തിയില്ല മനസ്സിന് തൊടാൻ പറ്റില്ല മനസ്സ് തൊടുമ്പോഴേക്കും ഭൂതകാലമാവും അതുകൊണ്ട് തന്നെ അറിയാം മനസ്സുകൊണ്ട് അറിയപ്പെടുന്നത് ഒന്നും ഉണ്മയായിരിക്കാൻ പറ്റില്ല മനസ്സ് അറിയണമെങ്കിൽ കഴിഞ്ഞു പോയിട്ടാണ് നടക്കണത് മനസ്സിനൊന്നും ചെയ്യാൻ അറിയാൻ പറ്റില്ല ഉള്ളതിനെ മനസ്സിന് തൊടാൻ പറ്റില്ല വർത്തമാനത്തിന് മനസ്സിന് തൊടാൻ പറ്റില്ല കഴിഞ്ഞു പോയ പ്രസന്റ് ആണ് പാസ്റ്റ് ഇമാജിനറി പ്രസന്റ് എക്സ്പെക്ടഡ് പ്രസന്റ് ആണ് ഫ്യൂച്ചർ വർത്തമാനം എന്ന് പറയണതിനെ മനസ്സിന് തൊടാൻ പറ്റില്ല മനസ്സിന് എപ്പോഴും ഉണ്മയല്ലാത്തതിനെ തൊടാൻ പറ്റുള്ളൂ അതാണ് കൃഷ്ണൻ ഉദ്ധവർക്ക് ഉപദേശിക്കുമ്പോ പറഞ്ഞു വാചോദിതം തത് അനൃതം മനസ്സാധ്യാതമേ വെച്ച് വായുകൊണ്ട് പറഞ്ഞാൽ പൊളിയായിപ്പോയി മനസ്സുകൊണ്ട് ചിന്തിച്ചാൽ കള്ളമായിപ്പോയി എന്നാണ് മനസ്സ് തൊടുന്നതൊക്കെ അതിന് ഉണ്മയെ കഴിയില്ല അതുകൊണ്ടാണ് ഈ അക്ഷരത്തിനെ അത് അവ്യക്തം എന്ന് പറഞ്ഞത് ആത്മാവിലാണ് മനസ്സ് ഉദിക്കണത് ആത്മാവിലാണ് മനസ്സ് നിൽക്കണത് ആത്മാവിലാണ് ലയിക്കുന്നത് എന്നിട്ട് മനസ്സ് പറയണോ ആത്മാവിനെ അറിയണില്ല സ്ക്രീനിൽ വരുന്ന ഒരാൾ പറയാണ് സ്ക്രീനേ ഇല്ല എന്ന് പറയണ പോലെയാണ് സിനിമയിൽ ഈ മനസ്സ് ഉദിക്കുകയും നിൽക്കി അസ്തമിക്കുകയൊക്കെ ചെയ്യണ അധിഷ്ഠാനം ആ ബോധം ഉണർവ് അവബോധം നമ്മളുടെ സ്വരൂപത്തിലാണ് ഈ മനസ്സ് ഉദിക്കുകയും നിൽക്കി അസ്തമിക്കുകയും ചെയ്യണത് എന്നിട്ടും അനിർദ്ദേശ്യം മനസ്സിന് അതിനെ ഇന്നതെന്ന് പറയാൻ വയ്യാത്തതുകൊണ്ട് അനിർദ്ദേശ്യം ഏതു അക്ഷരം അനിർദ്ദേശ്യം അവ്യക്തം പര്യുപാസത്തെ ഭഗവാൻ തന്നെ അതേ വാക്കുകൾ തന്നെ പറഞ്ഞുകൊണ്ട് മറുപടി കൊടുക്കുകയാണ് ആരാണോ അക്ഷരം അനിർദ്ദേശ്യം അവ്യക്തം പര്യുപാസത ഇനിയും ചേർത്തു അങ്ങനെയാണെങ്കിൽ അതില്ലാത്തതാണോ സർവത്രകം എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നതും അചിന്ത്യം ചെ ചിന്തയ്ക്ക് പിടിക്കപ്പെടാത്തതും സർവത്രകമെന്ന് വെച്ചാൽ ദേശം എല്ലായിടത്തു പോയാലും അതാണുള്ളത് ആത്മാവിനെ അറിഞ്ഞവന് യാത്രയില്ല ജഡഭരതൻ ആ സപ്രമഞ്ചം തൂക്കിക്കൊണ്ട് പതുക്കെ നടക്കുമ്പോ രഹൂഗണൻ ചോദിച്ചു ഓ തനിക്ക് വയസ്സായില്ലേ ഇങ്ങനെ പതുക്കെ നടക്കാണ് നടക്കാൻ വയ്യേ ചോദിച്ചു അപ്പൊ ഭരതൻ പറഞ്ഞു ഞാൻ നടക്കണേയില്ലല്ലോ എന്നാണ് ഗന്തുര്യതി സ്യാദ് അതിഗമ്യമധ്വാ ഞാൻ ഒരിടത്തുനിന്ന് ഒരിടത്തേക്ക് പോവാൻ വല്ല സ്പേസ് ഉണ്ടായിട്ട് വേണ്ടേ സകലതും എന്നിലാണെന്ന് നിൽക്കണത് ഞാൻ എവിടെ പോവാനാ എവിടെ വരാനാ പോക്ക് വരവ് ഒന്നുമില്ല മഹർഷിയോട് പലരും വന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങ് അമേരിക്കയ്ക്ക് വരണം എന്ന് കുറഞ്ഞു മഹർഷി കൊടുക്കണ ഉത്തരം അമേരിക്ക ഇവിടെ അമേരിക്ക ഒക്കെ ഇവിടെയാണ് നിങ്ങൾ പറയണ ലണ്ടനും ഇംഗ്ലണ്ടും ഒക്കെ ഇവിടെ ഉണ്ടാക്കണം അദ്ദേഹം ഇവിടെ എന്ന് പറയണത് തിരുവണ്ണാമലെന്ന് പറയുന്ന ഒരു സ്പേസല്ല ആത്മാവിലിരിക്കുന്നവന് എവിടെ പോയിരുന്നാലും ദേശവും കാലുമൊക്കെ ഒന്നു തന്നിലാണ് ഇരിക്കുന്നത് സർവത്രകം എവിടെ പോയാലും അവൻ അതേ വസ്തുവിനെ തന്നെയാണ് കാണുന്നത്